യഥാസ്ഥിതം ബ്രഹ്മതത്വം സത്ത ഏതിരിച്ചത് സ്വാതന്ത്രി നേതൃത്വം സ്വാവിനേയ വിനേയർ അതിനെ കുറിച്ചാണ് കാര്യം മനസ്സിലത്തെ നീതി എന്താണെന്നുള്ള എന്റെ വ്യാഖ്യാനത്തിൽ ഒന്നുകൂടെ വിശദീകരിച്ചു പറയുന്നത് കഞ്ഞിവസം ഞാൻ പറഞ്ഞാണ് പൊതുവേ എന്നാൽ അതിനൊരു പ്രമാണം വേണമെന്ന് അവശ്യം കാര്യം കാര്യീസക്തി അവശ്യം കാരണേന ഭാഗം എനിക്ക് നീങ്ങിയത് നിയമമാണ് എന്നത് അതൊരു നിയമമാണ് അങ്ങനെ കാരണം ിൽ അതിന് തീർച്ചയായും ഒരു കാര്യമുണ്ടായി കാരണം എന്ന് പറയുമ്പോ ഒരു കാര്യത്തിന് വേണ്ട എല്ലാ കാരണങ്ങളും ഒത്തുകൂടിയാണ് പിന്നെ ആ കാര്യം സംഭവിച്ചത് പിന്നെ അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല താർക്കികന്മാരും മറ്റും കാരണത്തെക്കുറിച്ച് പറയുന്നു പ്രതിബന്ധ അഭാവം അതും കാരണമാണ് ഒരു കാര്യമുണ്ടാകും എല്ലാ കാരണവും ഒത്തിരി അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ മഴ പെയ്യുന്നതിനുള്ള എല്ലാ കാരണങ്ങളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യാതിരിക്കാൻ പറ്റും മഴ പെയ്ത അതുപോലെ നീങ്ങും മറ്റൊന്നെന്താണ് കാര്യം കാര്യ സത്യാവശ്യം കാരണ ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം ഉണ്ടായ തീരും ഇതാണ് ഇപ്പോ മഴ പെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മഴ പെയ്യാൻ എല്ലാ കാരണവും ഒത്തിരി ചേർന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ മഴ സംഭവിക്കത്തിൽ പ്രപഞ്ചത്തിൽ നമ്മുടെ ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ ഇങ്ങനൊരു കാര്യകാരണഭാവം നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉണ്ട് അതിന് കാലത്തിനും ഒരു വലിയ പങ്കുണ്ട് കാരണം കാലവരികളെങ്കിൽ പിറകിലോട്ട് പോകുന്നു അതുമ്പോട്ടേ അതുകൊണ്ട് കാരണം എപ്പോഴും മുമ്പിൽ തന്നെ കാര്യം എപ്പോഴും ബിമ്പിലെങ്കിൽ പിന്നീട് വരും കാര്യം കാരണം മുമ്പിൽ നമ്മൾ പറയും കാലത്തിന്റെ ആരോഗ്യം മുന്നോട്ടാണെന്ന് നിന്റെ ഭൂതം വർത്തമാനം ആ ഒരു രീതിയിൽ കാലം പോകുന്നു ഇതിലൂടെ മനുഷ്യന് സംഭവിക്കുന്ന കാര്യം അവൻ ഇത്രയൊക്കെ അവന്റെ ബുദ്ധി ഉപയോഗിച്ചാലും എന്തൊക്കെ കഴിവ് ഉപയോഗിച്ചാലും എല്ലായിടത്തുമാണ് അവന്റെ ഈ കാര്യകാരണം ബന്ധം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ കാര്യം എന്ത് കാരണം കൊണ്ടാണ് സംഭവിച്ചത് എന്നാണ് അറിയാൻ പറ്റില്ല അങ്ങനെ ഒരു മേളവൻ എന്തിനാ കൂട്ടുപിടിക്കുന്നത് യാദർച്ഛ യാദർച്ഛമായി സംഭവിച്ചെന്ന് പറയുന്നു ഈ പറയുന്ന നിയമം അനുസരിച്ച് യാതൊർച്ഛയമായി ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല ആക്സിഡന്റലായി ഒന്നും സംഭവിക്കില്ല ആ കാര്യകാരണം നമുക്കറിയില്ല ആ കാര്യകാരണത്തെ അറിയുന്നതിന് അത്രയും മനുഷ്യൻ വളർന്നിട്ടില്ല അതുകൊണ്ടാണ് മനുഷ്യന് ഒരേ ദിവസമയം അറിവ് അറിവില്ലായ്മേക്കും അത് കഴിയുകയില്ല അപ്പൊ ആ ഒരു നിയമം നിയജി എന്ന് പറയും അതിനു പറഞ്ഞു വിനേയ വിനേതൃത്വം എന്ന് പറയും അപ്പൊ കാരണങ്ങളിലെല്ലാം കാര്യങ്ങളെ നിയമനം ചെയ്യുന്നതിനുള്ള മനുഷ്യേഷൻ കാരണങ്ങളും കാര്യത്തെ സംഭവിപ്പിക്കുന്നതിനും കാര്യം സംഭവിച്ച രീതിയിൽ കാരണ ഒത്തുകൂടിയാൽ കാര്യം സംഭവിച്ച രീതി അതാണ് വിനേതൃത്വം വിനേയ വിനേയ കാര്യങ്ങൾക്ക് സംഭവിച്ച രീതിയിൽ അതിനാണ് നേരത്തെ പറഞ്ഞ എന്താണ് അവശ്യം ഭാവം ഭഗവാനാം ഭക്തികാലം തഥാ ദുഃഖ എന്ന വിദ്യയിൽ അങ്ങനെ രാമ അവിടെപ്പെടുത്തിട്ടുണ്ട് വളരെ പ്രസിദ്ധമാണ് ഇനി മനസ്സിലാകേണ്ടതെന്ന് എന്താണ് ഒന്ന് വ്യാദർച്ഛ അങ്ങന നമുക്കറിയില്ല എതിന്റെ സ്ഥാനത്ത് നമ്മുടെ അറിവില്ല തന്നെയായിരുന്നു നമുക്കറിയില്ല അതിൽ കാലത്തിന് ഒരു വലിയ പങ്കുണ്ട് കാലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്വചിന്തകന്മാരുടെ ഇടയിലും പല അഭിപ്രായമാണ് ഭൗതിക ഇടയിലും പല അഭിപ്രായമാണ് കാലം എറ്റയണലാണെന്ന് പറയുന്നുണ്ട് എറ്റേണൽ ആണെങ്കിലും അത് മിന്യൂഷനാണെന്ന് പറയുന്നുണ്ട് എന്ന് എല്ലാവരും ഉണ്ട് ഭൗതികശാസ്ത്രജ്ഞന്മാരുണ്ട് അദ്ദേഹികളെ സംബന്ധിച്ച് ബ്രഹ്മ ഒഴികെയല്ല വലിയ പക്ഷെ നാളെ ഇവിടെ വ്യാഖ്യാനിക്കറയും കൊറോക നീതിര സർവകാരണഭൂത ബ്രഹ്മസാല അപ്പൊ ഈ നീതി ഒരു നിയമമാണെന്ന് പറഞ്ഞത് ആ എന്താ നിയമം നിയമകാലം ആണ് കഴിഞ്ഞാൽ എങ്ങനെയുള്ള കാലം ദേശകാല വിശേഷിതാണ് സർവകാരണം അതുപോലെ ബ്രഹ്മസത്താരൂപതാണ് ബ്രഹ്മസത്ത കാലശക്തി അപ്പോൾ ഈ ബ്രഹ്മസത്ത എന്ന് പറയുന്നത് അദ്വൈതത്തിൻ്റെ ഒരു പ്രക്രിയ അനുസരിച്ച് അതായത് അദ്വൈതം സച്ചിദാനന്ദമാണ് അപ്പോൾ അദ്ധൈനങ്ങൾ പറയുന്നുണ്ട് മറ്റ് പ്രക്രിയ ഗ്രന്ഥങ്ങളിൽ മൌസൂന സരസ്വതി മറ്റും പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ സാത്വിക രാജസ താമസം അപ്പോൾ ആ സാത്വിക രാജസ താമസ രൂപത്തിലുള്ള അന്ധകരണത്തിലാണ് ആനന്ദവും ജ്ഞാനവും പ്രതിഫലിക്കുന്നതെന്ന് പറയാം പ്രതിഫലനം അതി സംഭവിക്കുന്ന നല്ല അഭ്യാസം കൊണ്ട് സംഭവിക്കുന്നു ആഭാസമെന്നോ പ്രതിഫലനമെന്നോ പ്രതിച്ഛായെന്ന് നമുക്ക് പറയാം ഇതിനൊണ്ടും വ്യക്തമായി അന്ധകരണത്തിൽ സംഭവിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ആനന്ദവും ജ്ഞാനം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ലഡമണ്ട് ചേറ്റന്യൂ വേണ്ട അത് ചിന്മയമാണ് ചിത്ത് വ്യാപിച്ചിരിക്കുന്ന ജടമാണ് അതാണ് ചിന്മയം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ഈ പാശ്ചാത്യെപ്പറ്റും പറയുന്ന കോൺഷ്യസ്നസ് അവയർനെസ് എന്ന് പറയുന്ന അവരെ പരി പറയുന്ന അവർ പറയുന്നത് ഭൗതികത്തിന് നേരെ വിപരീതമായുള്ള ബോധം എന്നാണ് അവർ പറയുന്നത് സാങ്കേതിമാരും രീതികളൊന്നും അത് അങ്ങനെയല്ല പറയാം ഒരു വിശദീകരിക്കുന്നങ്ങനെ അവരുടെ ഫിലോസഫിയിൽ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരിക്കലും ബ്രെയിനിൽ നിന്നും ഉണ്ടാകാൻ കഴിയത്തില്ല ബ്രെയിൻ ഭൗതികമാണ് ബോധം ഭൗതികമല്ല അതിന് വിരുദ്ധം എന്നാണ് അതിനെ മുമ്പ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് അതിന് ഭൗതിക കണങ്ങളിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല കണികാശാസ്ത്രം കൊണ്ട് അതിന് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അത് ഭൗതികമല്ലാത്തതും പക്ഷെ നമ്മളിവിടെ പറയുന്നതല്ല ഇവിടെ സംഖ്യന്മാർക്കും അദ്വൈതികൾ ഒരു കണികാശാസ്ത്രമാണ് അതിനാണ് എന്ത് പറയുന്നത് സൂക്ഷ്മശരീര ഇവിടുത്തെ കണികാ ഈ സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷ്മ തന്മാത്രകൾ ആ തന്മാത്രകളോട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ബോധത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ചിന്തിക്കാനും വിശദീകരിക്കാനും എല്ലാം പറ്റൂ അപ്പോ ആ അതിൽ നിന്ന് നമുക്കൊരിക്കലും ബോധത്തെ വേർപെടുത്താൻ പറ്റില്ല അതിനെ വേർപ്പെടുത്തുന്ന സാധ്യമല്ല നമ്മളനുഭവിക്കുന്ന ബോധം നിർഗുണബോധം വേലുണ്ടോ അതിനെ കുറിച്ച് അല്ല പറയ അങ്ങനെ ഒരു നിർഗുണബോധത്തെ നമ്മളനുഭവിക്കുന്നില്ല അത് കേവലം അനുമേയമാണ് അല്ലെങ്കിൽ ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കുന്ന പറയാം താർഗീന്മാർ അല്ല സംഘിന്മാർ പറയുന്നത് അത് അനുമേയമാണ്ദ്വൈതങ്ങള് പറയും അത് ശ്രുതി ശ്രോതജ്ഞാനുമാനത്തിൽ അവരങ്ങനെ പ്രത്യേക സ്ഥാനം കൊടുക്കുന്നില്ല വേണ്ടി വന്നാൽ അനുമാനിക്കുക ചെയ്യും അത്രയുള്ളൂ ശ്രുതിയുടെ സഹായത്തോ അത് ശ്രോതജ്ഞാനമാണ് നിർഗുണം ബ്രഹ്മത്തെ കുറിച്ചത് മനുഷ്യനതിനെ അറിയാൻ വേറെ വഴിയൊന്നുമില്ല ശ്രുതിന്നേ അറിയാൻ പറ്റും പക്ഷെ ഈ പറയുന്ന നമ്മുടെ ഈ ബോധം ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ബോധം എന്ന് പറയുന്നത് ചിന്മയമാണ് സന്മയമാണ് അത് രണ്ടും കൂടെ കലർന്നതാണ് ഞാൻ മുമ്പ് ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾക്കെല്ലാം പുതിമയാണോ എന്ന് ഞാൻ വീണ്ടും പറയുന്നുണ്ട് പുതിയൊരു വലിയ വ്യത്യാസമാണ് നമ്മുടെ കോൺഷ്യസ്നസ് അവേർനെസ് എന്നൊക്കെ നമ്മുടെ ഈ ഇവിടെ പുറത്തേക്ക് ബോധത്തെ അത്തരം വാക്കുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ വാക്കുകളെല്ലാം ഫിലോസഫിക്കലാണ് കൂടുതൽ കാരണം വാക്കുകളൊക്കെ ഉപയോഗിച്ച് മുഴുവൻ ഫിലോസഫേഴ്സ് പിന്നീടാണ് സയൻസിലേക്കും അപ്പം അവരുടെ ഒരു അതിനെക്കുറിച്ചുള്ള ധാരണ വേറെ ഇവിടെ നമ്മുടെ ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്ന രീതിയിലല്ല ധരിക്കും എൻ്റെ അർത്ഥം വേറെ രീതിയിലാണ് ധരിക്കും പക്ഷെ മറ്റൊരു ഭാഷയിലേക്ക് അങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് ശരിയായ വിശദീകരണം കൊടുക്കണം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ധരിക്കുന്നതല്ല നിങ്ങളുടെ പിന്നെ സ്തുതി പറയുന്നതല്ല എന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി നമ്മളെ അനുഭവിക്കേണ്ട ഈ ബോധവെന്ന് പറയുന്നത് മിക്സ് ആണ് അതില് എന്താണ് ഞാനോണ്ടാണെന്നു രണ്ടു കൊണ്ട് അന്ധകരണത്തിൽ രണ്ടിന്റെ അധ്യാസം സംഭവിക്കുന്നു ഞാനെന്തായാലും പറഞ്ഞു തന്നത് ആ പറഞ്ഞു തന്നപ്പോ സത്തയുടെ കാര്യം പറയുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അത് വിശദീകരിക്കാൻ വേണ്ടി കണക്ഷൻപിട്ടു പോയത് ഇപ്പൊ ഈ സത്തയുടെ പ്രത്യേകത എന്താ സത്ത എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ മുഴുവൻ അധ്യസിച്ചിരിക്കുകയാണ് ബ്രഹ്മ അധ്യസിച്ചിരിക്കുന്ന ആ സത്ത എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ സ്വരൂപമായിരിക്കുന്ന സത്തയാണ് അത് പ്രപഞ്ചത്തിൽ സർവ്വത്ര അധ്യസിച്ചിരിക്കുന്നെച്ച ഇമേജിലുണ്ട് മൊബൈലിലുണ്ട് പുസ്തകത്തിലുണ്ട് സർവ്വത്രയുണ്ട് സത്തയുടെ അഭ്യാസം പക്ഷെ ജ്ഞാനവും ആനന്ദമോ അത് നമ്മുടെ ഉള്ളിലുള്ളതുപോലെയല്ല അല്ലെങ്കിൽ പ്രാണികളുടെ ഉള്ളിലുള്ളത് എന്ന് പറയും പ്രാണികൾ മനുഷ്യൻ മാത്രമല്ല പ്രാണികളുടെ ഉള്ളിലുള്ളതുപോലെ ജ്ഞാനവും ആനന്ദവും ഈ വസ്തുക്കളുടെ എന്തുകൊണ്ട് കാണത്തില്ല ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ജഡം എന്ന് വിളിക്കുന്നു കാരണം ഇതിന് സത്ത മാത്രമേ അധ്യസിച്ചിട്ടുള്ളൂ അപ്പോ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ സത്ത അനുഭവിക്കുന്നത് അതുപോലെ നമ്മൾ പ്രപഞ്ചത്തിൽ അനുസ്യൂതമായി ഭൂതം വർത്തമാനം ഭാവി എന്നുള്ള രൂപത്തിൽ കാലത്തെ അനുഭവിക്കുന്നു കാലബോധം കൂടാതെ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും കാലബോധത്തോടുകൂടി അനുഭവിക്കുന്ന വെച്ചാൽ ദാനി ഇപ്പോൾ എന്നുള്ള ഒരു ബോധം ഏത് വസ്തുവിന്റെ ഏത് അനുഭവത്തിലും ഉണ്ട് അല്ലെങ്കിൽ ഭൂതം ഭാവി അങ്ങനെ കാലം ഉണ്ട് മൂന്നു തരത്തിലുഭവിക്കും അപ്പോ അതിനൂടെ പറഞ്ഞത് അതെന്താണ് അത് ഈ പ്രപഞ്ചത്തിൽ അധ്യസിച്ചിരിക്കുന്ന സത്ത അല്ല കാരണം പ്രപഞ്ചത്തിൽ ആകെ അധ്യസിച്ചിരിക്കുന്നത് സത്ത മാത്രമാണ് വേദന ജ്ഞാനവും ആനന്ദമല്ല അത് ജീവികളുടെ അന്ധകരണത്തിലേ ഉള്ളു സത്തു പറയുന്നത് സർവത്ര അധ്യസിച്ചിരിക്കുന്നു അപ്പോ സത്ത എവിടെ അധ്യസിച്ചിരിക്കുന്നു പ്രപഞ്ചത്ത് അപ്പോ ആ സത്ത തന്നെയാണ് കാലം എന്ന് പറയുന്നത് പറയുമ്പോൾ അത് ആരോപിതമാണ് സത്യമാണ് കൽപ്പിതമാണ് അതാണ് ഈ പറഞ്ഞത് അത് തന്നെയാണ് നീകേജ് ചെയ്യുന്നു അത് കല്പിതമാണെങ്കിൽ അത് അവശ്യം കൽപ്പിച്ചിരിക്കുകയാണ് നമുക്കത് മാറ്റാൻ പറ്റും കാരണം ബ്രഹ്മ സ്വയം തന്നെ നീതിരിക്കുന്നു കൽപ്പിച്ചിരിക്കുകയാണ് അല്ല ഞാനോ മൂളോ കട്ടിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കാരണം ഈ മേശ മേശയിൽ ഞാൻ കാലത്ത് കഴിപ്പിച്ചാൽ ഞാരോ കഴിപ്പിച്ചത് ബ്രഹ്മം തന്നെ കളിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് സർവ്വ ആധാരമായി നിൽക്കുന്ന ബ്രഹ്മത്തിന്റെ ജഗത്തിനുള്ള താതാദ്യം അതാണ് സത്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഇതൊക്കെ അദ്വൈത സിദ്ധാന്തമാണ് മറന്നുപോയത് അതാണ് നമ്മൾ സത്യമായിട്ട് അനുഭവിക്കുന്നത് ആ സത്യത്തന്നെയാണ് നമ്മൾ കാലമായിട്ടും അനുഭവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ശരിയായ സിദ്ധാന്തം തന്നെയാണ് ഇനി മറ്റു ചിലടത്ത് പറയുന്നതാണ് ഈ കാലത്തെ തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നതും മായ എന്ന് പറയുന്നതല്ല ഇത് അത് ഓരോ രൂപത്തിനും അനുഭവപ്പെടുന്നു എന്നുള്ളത് കാലം എന്ന് പറയുമ്പോൾ നിശ്ചിതമായിരിക്കുന്നത് ഭൂതം വർത്തമാനം ഭാവും മുന്നോട്ടുള്ള ഒരു ഒഴുക്കായിട്ട് എടുക്കുന്നത് മായ എന്ന് പറയുമ്പോൾ അനിശ്ചിതമായി എടുക്കുന്നത് വ്യത്യാസം പക്ഷേ അത് എന്താണ് ഈ ബ്രഹ്മത്തിന്റെ ആരോപണത്തിൽ അതുകൊണ്ടാണിത് ബ്രഹ്മസ്വഭാവം എന്ന് പറയുന്നത് അപ്പോ സത്തയിൽ നിന്ന് വേർക്ക് സ്വതന്ത്രമായി നമുക്ക് പ്രപഞ്ചത്തെ അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് സത്തയുടെ അനുഭവമാണ് കാലാനുഭവമാണ് എന്നെല്ലാം വിശദീകരിക്കും എന്താണോ ഒരു ധനമായൊരു വിഷയമാണ് ഈ അതിയുടെ ഒരു പ്രക്രിയയാണ് ഇത് എന്നാണ് പ്രപഞ്ചത്തിലെ സത്താനുഭവം കാലത്തിൻ്റെ അനുഭവം നീയതി എന്നെല്ലാം പറയുന്നു അതാ അതിനീകരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച ആരോപമാണ് അപ്പൊ ആരോപമായ എല്ലാത്തിനെയും നിഷേധിക്കാം അപ്പൊ നിയതിയുടെയും നിശ്ചിതമായ രൂപയും നിഷേധിക്കാം നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ കാര്യകാരണം നിയമങ്ങളെ നിഷേധിച്ചുകൊണ്ടും കഴിയും കാരണം ആരോപത്തെ നിഷേധിക്കും ഒന്ന് സ്ഥായി നിശ്ചിതമായൊരു കാര്യകാരണഭാവം ഒന്നും ഇല്ലെന്നും പറയാം വിധേയത് എന്താണ് പൂർവാപര വിരോധം ആണോ എന്ന് തോന്നുന്നു അത് അദ്വൈതത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുമ്പോഴും പൂർവാപര വിരോധം വരും കേൾക്കുമ്പോഴും പൂർവാപര വിരോധം വിരോധം രണ്ടു വെട്ടാണ് അദ്വൈതത്തിൽ കാര്യങ്ങൾ അങ്ങനെയാണ് ശരി രണ്ടിയേ അത് ആരോപണമെന്നുള്ളതെങ്കിൽ അതിന്റെ നിഷേധം അധ്യാരോപ അപവാദാഭ്യം നിഷ്പ്രപഞ്ചം പ്രപഞ്ചത്തെ അദ്വൈതം വിശദീകരിക്കുന്നതിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നതെന്ന് എന്താണോ അധ്യാരോപ അപവാദ അതുകൊണ്ട് അദ്വൈതകളെല്ലാം വിശദീകരിക്കും പ്രപഞ്ചത്തിന്റെ എല്ലാ പ്രതിഭാസങ്ങളിലും അവർക്ക് വിശദീകരിക്കാൻ കഴിയാത്തായിട്ടൊന്നുമില്ല എന്തിനുത്തരവും അറിയാൻ വയ്യാത്ത ഒന്നുമില്ല അതുകൊണ്ടാണ് അന്ത്ര സർവജ്ഞന്മാരൊന്നും പറയും കാരണം എല്ലാത്തിലും അവർക്കും വിശദീകരിക്കാൻ പറ്റും അടിസ്ഥാനപരമായി വിശദീകരിച്ച വിജയം നിന്നുകൊണ്ട് എന്തിനും വിശദീകരിക്കും പുറത്തുപോയാൽ പിന്നെ അത് നടക്കുന്ന കാര്യങ്ങൾ ഇതിനകത്തുന്നുകൊണ്ട് വിചാരിക്കുന്നു ഈ അധ്യായോ അപവാദ ന്യായത്തിലൂടെ എല്ലാത്തിനും ഭാഷകാരം തന്നെ പറഞ്ഞിരിക്കുന്നത് അധ്യാരോപവാദാം ദുഷ്പ്രപഞ്ചം അതുകൊണ്ട് ഈ ഒരു പ്രക്രിയ അനുസരിച്ചാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയത് എല്ലായിടത്തും ഇതേ ഒരു പ്രക്രിയ ആയിരിക്കുമെന്ന നിയമം അപ്പൊ അത് അന്ന് പറഞ്ഞതല്ലോ ഇന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു എന്നിൽ വൈരുദ്ധ്യം കാണാനെന്നും ശാസ്ത്രത്തിന്റെ വിരുദ്ധ പ്രക്രിയകളൊന്നും മനസ്സിലാവും അതുകൊണ്ട് എന്താണ് ിയമത്തെ കാര്യം ധാരണ ഇതുകൂടെ പറയാൻ കാരണം ഇനി അടുത്ത് ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് സൃഷ്ടികർത്താവായി കാര്യമായിട്ട് പ്രപഞ്ചത്തെ കിടക്കുകയാണ് പുരാണങ്ങൾ പറയുന്ന കഥയാണ് എടുത്ത് അങ്ങനെ പറയുമ്പോൾ എന്താണ് ഈ സൃഷ്ടി ഒരു സൃഷ്ടിക്കരു സൃഷ്ടികർത്താവ് ഉള്ളതാരാണ് ബ്രഹ്മാവ് പിന്നെ ഒരാള് ബ്രഹ്മാവ് ബോധപൂർവം നിയമങ്ങളനുസരിച്ച് സൃഷ്ടിച്ചിരിക്കുകയാണ് ഓ പ്രപഞ്ചത്തിലെ ഒരു വ്യവസ്ഥയാണ് അതാണ് ഇനി പറയാൻ പോകുന്നത് അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദീകരിക്കും കാലത്തെ പറയേണ്ടി വരും കാരണം കാലം ഇനി മുമ്പോട്ട് വരുമ്പോഴും കാലത്തെക്കുറിച്ച് ഒരുപാട് പരാമർശം കാലത്തെ ഇങ്ങനെ മനസ്സിലാകുമ്പോ കാലത്തെ ബ്രഹ്മസത്യമായിട്ട് തന്നെ മനസ്സിലാകുമ്പോ ഈ കാലത്തെക്കുറിച്ചുള്ള നമ്മൾ പല ഞങ്ങൾ ഇനി ദിവസം പറഞ്ഞതാണ് പതിനത്തെട്ട ധാരണ നല്ല കാലം മോശം കാലം അങ്ങനെയുള്ള ധാരണകൾ കാലത്തിൽ പറയാൻ പറ്റില്ല ബാക്കി എവിടെയും പറയാം കാലത്തിനൊഴിഞ്ഞ് നമുക്ക് വേറെ എവിടെയും പറയാം ഈ കാലത്തെക്കുറിച്ച് സാധാരണ ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ ആൾക്കാർ കാലവും കാലാവസ്ഥ ഒന്നായിട്ടാണ് ഈ കാലാവസ്ഥ വരെയാണ് കാല സീസൺ റുതുക്കൾ അത് കാലമാണ് പലരും അങ്ങനെയാണ് ഇതി നമ്മൾ സാധാരണ പറയാനുള്ള കാലം മാറി ടുത്തുക്കളൊക്കെ മാറി എന്തൊന്നും പറയും കാലം മാറി എന്ന് പറയും അവിടെ എന്താണ് അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് കാലമാണ് സീസണുമാണ് മാറുന്നത് അത് എന്തുകൊണ്ട് മാറുന്നു വസന്തം ഹേമന്തം ഇങ്ങനെയൊക്കെ മാറി മാറി കൊടുക്കും അത് മാറുന്നതിന് ഭൗതികമായ കാരണങ്ങളാണ് ശരിക്കും ആ മാറ്റങ്ങളെല്ലാം കാലത്തിൽ അനുശീതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാലത്തിൽ അത് സംഭവിക്കുകയാണ് അത് കാലമല്ല കാലത്തിൽ ഈ മാറ്റങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അത്തരം മാറ്റങ്ങൾ വരുന്നതിന് ഭൂമിയുടെ കറക്കം ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ടാണ് നമുക്ക് സീസൺ എല്ലാം മാറി മാറി വരും ഭൂമിയുടെ ചരിവും അതിൻ്റെ കറുപ്പ് പിന്നെ നമ്മുടെ ചന്ദ്രൻ്റെ നമ്മുടെ ഏറ്റവും അടുത്ത അയൽക്കാരനായ ചന്ദ്രന്റെ ഗ്രാവിറ്റേഷനൽ പുള്ളിംഗ് ഇതെല്ലാം കൊണ്ടാണ് കാലാവസ്ഥ മാർഗം ഇപ്പം ഭൂമിയുടെ കാന്തിക മണ്ഡലം ഭൂമിയുടെ അന്തരീക്ഷം നിരവധി കാരണങ്ങളുണ്ട് അതൊക്കെ ത്യവിച്ചും ഭൗതികമായ കാലങ്ങൾ തന്നെയാണ് അത് കാലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഭൗതികമായ കാരണങ്ങളാണ് അതല്ല കാലം കാലവും അങ്ങനെ തരും അത് മനുഷ്യന് എന്തുകൊണ്ട് സംഭവിക്കുന്നു സംഭവിക്കുന്നു എന്നുള്ള കാര്യം എന്താണ് ഏറെക്കുറെ പൂർണ്ണമായിട്ടുള്ള ഭൗതികമായി തന്നെ വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ട് മഴ പെയ്യുന്നു എന്തുകൊണ്ട് പെയ്യുന്നില്ല എന്തുകൊണ്ട് തണുപ്പ് വരുന്നു എന്തുകൊണ്ട് തണുപ്പ് വരുന്നില്ല കാലാവസ്ഥയില്ല ഇത്തരം കാര്യങ്ങൾ തികച്ചും ഭൗതികമായ ദൃഷ്ടിയിലൂടെ തന്നെ ഏറെക്കുറെ വ്യാഖ്യാനിക്കാൻ പൂർണ്ണമായും സാധിക്കും ക്രിമഞ്ച് മഴ അതിന് അതീന്ദ്രിയമായ ശക്തിയുടെ ആവശ്യമില്ല മനുഷ്യനെ കുറിച്ചുള്ള ഭൗതികമായ അറിവ് വർദ്ധിച്ചു വന്നപ്പോ അതീന്ദ്രിയ ശക്തികളൊക്കെ മാറിപ്പോയി ഇന്ദ്രൻ മഴ പെയ്യ്ക്കാറില്ല ഇന്ദ്രനിൽ നിന്ന് ആ ജോലി തിരിച്ചെടുത്തു അതുകൊണ്ട് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല മഴ പെയ്ക്കാൻ വേണ്ടി ക്ലൗഡ് സീഡിങ് ചെയ്താൽ മഴ പെയ്തു ഇന്ദ്രനെ സന്തോഷിപ്പിക്കേണ്ട ഏതൊരു കാര്യവും ശാസ്ത്ര മാത്രമാണ് അപ്പം ഇത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭൗതികമായി തന്നെ മനസ്സിലാക്കണം നമ്മുടെ അതീന്ത്യത പൊതുവേണ്ട കാര്യം എന്തുകൊണ്ട് ഒരു പ്രത്യേക സമയത്ത് കണിക്കൊന്ന പൂക്കുന്നു എന്തുകൊണ്ട് പൂത്തില്ല രണ്ടിനും ഭൗതിക ശാസ്ത്രം തന്നെ വിശദീകരിക്കണം ഭൗതികമായി തന്നെ വിശദീകരിക്കുന്നത് കാലാവസ്ഥ മാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്തൊക്കെയാണ് അതിനെ സ്വാധീനിക്കുന്നത് അത് സൂര്യൻ്റെ സ്വാധീനമുണ്ടോ ചന്ദ്രൻ്റെ സ്വാധീനമുണ്ടോ ഭൂമിയുടെ തർക്കത്തിന്റെ സ്വാധീനമുണ്ടോ അന്തരീക്ഷം എത്ര സ്വാധീനിക്കുന്നു ഭൗതികമായി വിശദീകരിക്കുന്നതാണ് അതുകൊണ്ട് ചന്ദ്രനും സൂര്യനും ഇതൊക്കെ നമ്മുടെ ഈ ഭൂമിയിലുള്ള അത് പ്രത്യേകം നമ്മൾ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതുകൂടെ അറിഞ്ഞു എല്ലാ ജീവനെയും സ്വാധീനിക്കുന്നുണ്ട് ജീവന്റെ നിലനിൽപ്പ് ജീവന്റെ പരിണാമം ഇതിനെയെല്ലാം ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്ന മണ്ടൻ കുത്തി അനുസരിച്ചാണ് നമ്മുടെ അന്ധവിശ്വാസം അനുസരിച്ചല്ല അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഭൗതികമായാണ് അതിന്റെ സ്വാധീനം അതീന്ദ്രിയമായ സ്വാധീനങ്ങളല്ല പിന്നെ സ്വസ്ഥ വ്യാഴം എന്ന് പറയുന്ന ഒരു ഗ്രഹം അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഭൂമിയിൽ ജീവൻ കാണത്തില്ല ജീവൻ ഉണ്ടാകില്ലേ കാണത്തില്ല എന്നുള്ളതല്ല ജീവൻ എന്ന് എന്താണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ജീവൻ പല രൂപത്തിലുണ്ടാവും ഇന്ന് കാണുന്ന രൂപത്തിൽ ജീവി വർഗം ഉണ്ടാവാ ജീവി വർഗം വേറെയാണ് ജീവൻ വേറെ ചിന്തിക്കുന്ന മനുഷ്യൻ ഉണ്ടാകാതിരുന്ന ആ ഒരു ഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നില്ല അതുപോലെ ചന്ദ്രൻ അത് നമുക്ക് നമ്മളെന്ത്ണോ ഭൂമിയിൽ ജീവനം നിലനിർത്തുന്നതിന് ഈ ഗ്രഹങ്ങൾക്കെല്ലാം വലിയ പങ്കുണ്ട് പക്ഷേ ഈ പങ്കെന്ന് പറഞ്ഞ് നമുക്ക് ഭൗതികമായി വേഖ്യാദിക്കാൻ പറ്റിയ ഏറെ കുറേ പറയാൻ പൂർണ്ണമായിട്ട് പിന്നെ ഞാൻ ബിസിനസിൽ പരാജയപ്പെട്ടു പോയി അത് ചന്ദ്രന്റെ കുഴപ്പം കൊണ്ടാണെന്ന് സാറിന് പറയാറുള്ളത് അതിന് തെളിവൊന്നുമില്ല അതൊരു അന്ധവിശ്വാസം മാത്രമാണ് പക്ഷെ ഇവിടെ ഇതാണ് ഭൂമിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും ഭൂമിയിൽ ജീവനെ നിലനിർത്തുന്നതിനും അങ്ങനെ നമുക്ക് സുഖത്തുക്കെ തരുന്നതിന് ചന്ദ്രനിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ശരി അത് മനുഷ്യൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ചന്ദ്ര മനുഷ്യന് എല്ലാ ഗ്രഹങ്ങളും സ്വാധീനിക്കുന്നു പക്ഷെ മറ്റേല്ലോ ബിസിനസ്സിൽ പരാജയം വന്നത് വ്യാഴ മൂട് തിരിഞ്ഞിരുന്നുകൊണ്ടാണെന്ന് പറയുന്നു വിധം ഒരു അന്ധവിശ്വാസമാണ് എന്ന് യാതൊരു കാര്യമില്ല പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് എന്നോട് അമർഷം വരുന്നു എന്നുള്ളത് എന്നെ കൊല്ലാനുള്ള ദേഷ്യം വരും എന്നുള്ളത് ആ വിശ്വസിക്കുന്നതുകൊണ്ട് മനസ്സിലൊരു മാറ്റം വരണ്ടേ എനിക്കറിയാം എന്നാലും സത്യം പറയേണ്ട എന്റെ ഉത്തരവാദിത്വമാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്ന ആര് പറയും പറയുന്ന ആൾക്കാർ കുറവാണ് കള്ളം പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് ടിസ്ഥാനമില്ലാത്ത കാര്യം അങ്ങനെ ഒരു അതീന്ദ്രിയമായ സ്വാധീനം ഇല്ല പക്ഷെ ഭൗതികമായ സ്വാധീനമുണ്ട് ആൾക്കത് ചോദിക്കും രണ്ടോ വാവിന്റെ ഒരു ഏരിയയ്ക്കുണ്ടാകാറെ വാവിന് ആസ്മ കൂടാറില്ല ഇങ്ങനെയൊക്കെ അവരുടെ ചോദ്യങ്ങൾ പോയി അവിടെ ജ്യോതിഷ ഇത് രണ്ടും തമ്മിലൊരു ബന്ധമില്ല വാവിന് വേണ്ടിയിട്ടുണ്ടാകുന്നത് ഗ്രാവിറ്റേഷനിൽ ഫുള്ളാണ് അത് ഭൗതികമായൊരു കാര്യമാണ് ഭൗതികമായി വ്യാഖ്യാനിക്കാൻ പോകുന്ന കാര്യമാണ് അല്ലാതെ അതീന്ദ്രിയമായ എന്തെങ്കിലും ശക്തി കൊണ്ട് സംഭവിക്കാൻ അവന്റെ തലയിൽ തേങ്ങാ വേണി ചേർത്തതും ആ പൊള്ളിഞ്ഞോട്ടൊരു ബന്ധവുമില്ല അത് ചന്ദ്രൻ തല തിരിഞ്ഞു പോയതുകൊണ്ടല്ല അങ്ങനെ ഗ്രഹങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ പറയുന്ന അതീന്ദ്രിയ ബന്ധം അത് തെളിയിച്ചിട്ടുള്ള കാര്യം പക്ഷെ മനുഷ്യൻ വിശ്വസിക്കുന്നു എന്നാണ് വേറെ അതിനാണ് അന്ധവിശ്വാസം ഏർ ബുദ്ധിമാൻ വിശ്വസിച്ചായിരിക്കും ഏത് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചായിരിക്കും ആരും വിചോദിച്ചത് അന്ധവിശ്വാസമാണ് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും എനിക്ക് തെളിവുണ്ടെന്നാണ് വാവിൽ എനിക്ക് വലിവ് എന്റെ അനുഭവം ഇതിനെ കൂടുതലോട്ടെ അനുഭവം നിങ്ങൾ പറയുന്ന നേരത്തിലുള്ള ഒരു അതീന്തിരിക സ്വാധീനമില്ല ഭൗതികമായ എന്തെങ്കിലും സ്വാധീനം ചന്ദ്രന്റെ ജീവികളിലുള്ള സ്വാധീനം ഒരുപാട് പടങ്ങൾ ഉണ്ട് ഇപ്പോൾ എനികളിൽ പന്നികളില് മത്സ്യങ്ങൾ അതിനൊക്കെ സ്വാധീനമുണ്ട് അത് ഭൗതികമായ സ്വാധീനമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണോ അവിടെ ഏതെങ്കിലും അതീന്ദ്രിയ സ്വാധീനങ്ങൾ പ്രവചിക്കുന്ന സ്വാധീനങ്ങൾ അങ്ങനെ ഒരു പ്രവചനത്തിനുള്ള സ്വാധീനമുണ്ട് അതിന്റെ ബിസിനസ് പരാജയപ്പെട്ടത് അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നു തെളിവൊന്നുമില്ല ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ എന്താണ് മനുഷ്യന് കൺഫർമേഷൻ ബയാസം എന്ന് പറയുന്നത് നമ്മുടെ മൂഢവിശ്വാസങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് കരുപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശരിയാക്കുന്നതിനുള്ള തെളിവുകളുടെ പറയുകയും ഉടൻ ഇപ്പം കൊണ്ടുവരും ആൾക്കാർ അതാണ്ടോ ഇന്ന പരീക്ഷണം നടത്തി തെളിയിച്ചിരിക്കുകയാണ് ചന്ദ്രന്റെ സ്വാധീനം കൊണ്ടുണ്ടെന്ന് തന്നെ ഞാൻ പക്ഷേ അത് ജ്യോത്സ്യം പ്രവചിക്കുന്ന ഫലങ്ങളെക്കുറിച്ചല്ല പരീക്ഷണം നടത്തുകയും കാലം എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാലത്തിൽ അങ്ങനെ ദോഷവും നന്മയും മനുഷ്യനെ കൂടുതൽ അന്ധരാക്കുന്ന കാര്യങ്ങളാണ് ഈ കൺഫർമേഷൻ വായ അതാണ് മതങ്ങളെല്ലാം നില ഒരു എന്താണ് വിഹോവയിൽ വിശ്വസിക്കുന്നവരുടെ അനുഭവിച്ചത് ബ്രഹ്മാവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ബ്രഹ്മത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും വിഷ്ണുവിനെ കുറിച്ചോ ദേവിയെക്കുറിച്ചോ ശിവനെക്കുറിച്ചോ പറയുക അവനൊരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്തുകൊണ്ട് കൺഫർമേഷൻ ഭയാസതാണ് നിങ്ങളുടെ മനസ്സും അങ്ങനെയല്ല നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന വിഷ്ണുവിനെ എടുത്ത് മാറ്റാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല എന്തുകൊണ്ട് നിങ്ങളുടെ കൺഫർമേഷൻ ഭയാസതാണ് നിങ്ങളുടെ ആഗ്രഹം അവൻ നെസ്റ്റ് കാണുമ്പോഴാണ് അവന്റെ ആഗ്രഹം നിങ്ങൾ നെസ്റ്റ് കാണുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസവും അവന്ധവിശ്വാസവും യോജിക്കുന്നില്ല കാരണങ്ങൾ ഇതിനേഷൻ ഉള്ള സമയം അതിനനുകൂലമായ യുക്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പിന്നെ യുക്തികളെന്ന് കിട്ടില്ല കള്ളം കള്ളയുക്തികളുണ്ട് കൃത്രിമമായ യുക്തികൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ പറ്റി കഴിഞ്ഞ ദിവസം ഒരാള് കുംഭകർണന്റെ വാള് കാണിച്ച് കണ്ട നിങ്ങളൊക്കെ കണ്ടിട്ടില്ല അതിന്റെ ഫോട്ടോ എടുത്തു വെച്ച് കൂടിച്ച് കഴിഞ്ഞാൽ നോട്ട് കിടക്കും അറിയും കണ്ടുപോർമെന്റ് ആള് സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞിടക്കണം അറുപത്തെ നിന്നോണ്ട് പുരാവസ്തു വകുപ്പ് കണ്ടെടുത്താണ് ശ്രീലങ്കയിൽ ഒരാൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എനിക്കിതയച്ച കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ആൾക്കാർ വിചാരിച്ചു നമ്മളൊക്കെ ഇത് അതീജീയമായ കണ്ടുകൊണ്ട് കാണുന്നു കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു പറയും ഇയാള് സ്വാമിയല്ല അല്ലെങ്കി പറ ഇയാൾ ആഷ സംസ്കാരത്തിനല്ല കുംഭകർണ കുംഭകർണനെ നിഷേധിക്കുന്നു വാളിനെ നിഷേധിക്കുന്നു ഇയാള് സ്വാമിയാണെന്നുള്ള എന്തോന്ന് സ്വാമി എവിടത്തെ സ്വാമി ഒരുപാട് പ്രതി കുംഭകർണൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് അറുപത്തിനാല് അടിനീളമുള്ള വാളാണ് കുംഭകർണന് എത്ര അടിനീളം കാണും ഒന്നാലോചിച്ചു പിന്നെ നമ്മുടെ ഗുജറാത്തിൽ നർമ്മദയുടെ തീരത്തൊരു പ്രതിമയുണ്ട് വല്ലഭായ് പട്ടികയിൽ പ്രതിമ അതിനഞ്ഞൂറ്റി അറുപത്തേഴടി പൊക്കമാണ് കുറെ കാലങ്ങളിൽ വല്ല ഭൂകമ്പം വന്നു മറ്റോ വന്നു ഇത് മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞു കുറെ കാലം കഴിഞ്ഞാൽ ആൾക്കാർ കുളിച്ചെടുത്തിട്ട് പറയും പഴയ കാലത്ത് ഭൂമിയിൽ അഞ്ഞൂറ്റി അറുപത്തി ഏഴര കോളം മനുഷ്യൻ ഉണ്ടായി അതിന്റെ തെളിവാണെന്ത് ഈ പ്രതിമ എന്ന് പറഞ്ഞാൽ ചെയ്യും അംഗീകരിച്ചു വേണമെങ്കിൽ ഒക്കെ കൂട്ടിച്ചേർവ് ഇതാണ് ആക്ഷ സംസ്കാരം തീർന്നത് പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല ചോദ്യം ചെയ്ത അറിയും മനുഷ്യനായിട്ട് ഇതേ കൺഫർമേഷൻ ബയസ്സില് അപ്പൊ ഇത് കിട്ടിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകണം സാമാന്യ ബുദ്ധിയുടെ പഠികളാണ് എന്ത് കിട്ടിയാലും ഓൺലൈനിൽ എന്ത് കിട്ടിയാലും ഫാക്ട് ചെക്കെന്നൊരു സംവിധാനമാണ് അതിന് പോയിതൊന്ന് പരിശോധിക്കുക ഓൺലൈൻ ഫാക്ട് ചെക്ക് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അങ്ങോട്ട് കിടക്കുക അവിടെ പറഞ്ഞൊരു ഇത് കള്ളമാണ് ഇത് ഈ വാളെ ശ്രദ്ധിച്ചത് കുംഭകർമ്മൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിരിക്കും ഏ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയ വാളാണ് മനസ്സിലായി എന്തുകൊണ്ടെന്നുള്ള തെളിവ് സൈഡിൽ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കുന്ന എല്ലാം നമുക്ക് ഓൺലൈനിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തെളിവ് വരുന്നതാണ് എൻ്റെ ഇന്ന കാരണങ്ങളാണ് നിങ്ങൾ തന്നെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ കാണുന്ന ഒന്നും വിശ്വസിക്കരുത് പ്രത്യേകിച്ച് വാട്സാപ്പിൽ നിന്നൊന്നും പഠിക്കരുത് യൂട്യൂബിൽ നിന്നും പഠിക്കാൻ പോകരുത് കാരണം ശരിയില്ലെന്നുള്ളതല്ല ശരിയില്ലെറ്റി നമുക്ക് തിരിച്ചറിയ ഒരു വഴിയിൽ ഒരുപാട് അസംബന്ധങ്ങളും വികാര ജീവികളൊന്നും മനസ്സിലാക്കില്ല ഓൺലൈനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കാണുമ്പം തന്നെ അറിയുന്നത് തട്ടിപ്പാണെന്ന് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞിരിക്കുന്നു പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയത് പുരാവസ്തു വകുപ്പിൽ ഒരിക്കലും അങ്ങനെ കണ്ടെത്താൻ പറ്റില്ല പുരാവസ്തു വകുപ്പെന്നറിയാൻ വയ്യാത്ത പറയുന്ന അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പുരാവസ്തു വകുപ്പിന് ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ശ്രീലങ്കയിൽ നിന്നും നമുക്ക് അധികം വരും പത്ത് തലകളൊരു അസ്ഥി കുറവ് ശരിയില്ലെങ്കിൽ ഇന്ന് ഇവിടെ നിന്നെങ്കിലും കുഴിച്ചെടുക്കും അടുത്ത് വരാൻ പോകുന്ന അതാവും നെയ്മൻകൂട്ടി പറഞ്ഞുതരാം പത്ത് തലയോട്ടിയുള്ളവര് അസ്ഥി കൂറ് ആരുടെയാണ് രാമണന്റെ അപ്പൊ രണ്ടോ രാമായണം ശരിയാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ശരിയായ കൃത്യമായും പത്ത് തലയോട്ടിയും ഇങ്ങനെയൊരാൾക്കാർ പറയും ഫാക്ടിച്ചൊരു സംഭവമാണ് പരിശോധിച്ചു കൊണ്ടു ബിരുദം മരുന്നുണ്ടാക്കിയെടുക്കുമ്പോഴേ ചേർന്നതുപോലെ എന്താണോ ഇതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കൃത്രിമമായ അരേറ്റകളുണ്ട് അർത്ഥമുണ്ട് ഇതൊക്കെ അസംബന്ധമാണ് പിന്നെ നമ്മുടെ പ്രശ്നം ഇതൊന്നും വേണ്ടി അത് ആരെങ്കിലും ഉണ്ടാക്കുന്നുമില്ലേ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് കൺഫർമേഷൻ പയാസം നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നമുക്ക് വിശ്വസിക്കാം വിശ്വാസത്തിന് ദോഷമൊന്നും പക്ഷെ നമ്മളൊരു കാര്യം വിശ്വസിക്കുന്നതന്നെ ആ വിശ്വാസം കൊണ്ട് നമ്മൾ വെഡ്ഡിയാകാതിരിക്കുന്നുവെങ്കിൽ അതിന് അനുകൂലമായതും പ്രതികൂലമായതുമായ തെളിവുകൾ രണ്ടും അന്വേഷിക്കും പ്രതികൂലമായ എന്തെങ്കിലും തെളിവുട്ടാൻ സാധ്യതയുള്ളൂ അതുകൂടെ നോക്കണം ഇന്നത് വളരെ ഈസിയാണ് പ്രതികൂലമായ തെളിവെട്ടിക്കഴിഞ്ഞാൽ തെളിവുകളായി പിന്നെ ഇത് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു എന്താണ് വികാരജീവികൾ അത് ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ച അവര് വീണ്ടും പുതിയ തെളിവ് കണ്ടെത്തണം അവര് വേണമെങ്കിൽ പുതിയൊരു എഐ സൃഷ്ടിച്ചിട്ട് അതിനെ കൊണ്ട് പറയിക്കും എന്താണ് ഇത് ശരിക്കും കുംഭകരണം എല്ലാം തന്നെയാണ് അത് പറയുക നിലവിലുള്ള പ്രാക്ടീച്ചെക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം പറയുന്ന കൃത്രിമായി ഉണ്ടാക്കിയാണ് അപ്പൊ ഇതുപോലെ ഉള്ള വിശ്വാസമാണെന്ത് അതീന്ദ്രിയമായി ഗ്രഹങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുമെന്ന് പറയുന്ന വിശ്വാസം അതിന് തെളിവില്ല അതുകൊണ്ടാണ് അത് അബദ്ധമെന്ന് പറയുന്നത് മറിച്ച് ഗ്രഹങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെ ജീവന് എല്ലാം സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിന് തെളിവുണ്ട് രണ്ട് രണ്ടായി മനസ്സിലാക്കി ഒന്ന് ഭൗതികമായി വിശദീകരിക്കാൻ കഴിയുന്നുള്ളതാണ് മറ്റൊന്ന് എന്താണ് ചന്ദ്രൻ ഉണ്ടാക്കണം ഞാൻ വിസിച്ചു പരാജയപ്പെട്ടെന്ന് പറയുന്നത് അതിന് യാതൊരു അടിസ്ഥാനവും അന്ധവിശ്വാസം അതുകൊണ്ട് അതിന്റെ പിറകു പോയിട്ട് കാര്യമില്ല രണ്ടുപേരും തിരിച്ചറിഞ്ഞാൽ നല്ലത് അപ്പൊ ഇവിടെ പറയുന്നത് കാലത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ അത് കാലത്തിന്റെ ദോഷമാണെന്നാണ് കാലം ദോഷമാണ് അദ്വൈതം പറയുന്നതനുസരിച്ച് ആണെങ്കിൽ കാലം എന്ന് പറയുന്നത് ബ്രഹ്മസത്തകള് അത് ആരോപിച്ചിരിക്കുന്നത് അത് നോക്കുമ്പോ സത്ത നമുക്ക് ഈ പ്രപഞ്ചത്തിന് അനുശൂതമായി സത്ത അനുഭവപ്പെടുന്നത് ഈ സത്ത എന്ന് പറയുന്നത് എന്താണോ അദ്വൈതമനുസരിച്ച് ബ്രഹ്മത്തിന്റെ ആരോപമാണ് ഈ സത്തയിൽ ഗുണോ ദോഷം എന്തെങ്കിലുമൊന്നും ഇല്ല അതാണ് ഗുണവും ദോഷമൊന്നും വരത്തില്ല ഗുണവും ദോഷം ഭൗതികമായ വസ്തുക്കൾ ആത്മാവും അനാത്മാവും രണ്ട് വസ്തുക്കളുണ്ട് ആ രണ്ട് വസ്തുക്കൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അഭ്യാസ സംഭവിക്കും അപ്പോ ആത്മ എന്താണ് സത്ത ജ്ഞാനം ആനന്ദം എല്ലാം പ്രപഞ്ചത്തിലേക്ക് വരുന്നു ഇതാണ് അദ്വീതത്തിന്റെ അടിസ്ഥാനം ആ പ്രപഞ്ചം എന്ന് പറയുന്നത് കൽപ്പിതമായി നിൽക്കുന്നു അതെന്ത് കൽപ്പന അത് അനാദികൽപ്പന അതിനെ കുറിച്ച് നിങ്ങള കൂടുതൽ ചോദ്യം എന്ന് ചോദിക്കുന്നത് കാരണം എന്തുകൊണ്ടത് അനാദികൽപ്പന അധ്യാസം എന്ന് പറയുന്നത് എന്തോന്ന് നമ്മളെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും ഞാൻ ഉണർമ്പോ അധ്യാസിയുണ്ട് ഉറങ്ങുമ്പോൾ അത് അവസാനിക്കും അതാണ് ഇവിടെ ശരീര പ്രപഞ്ച അനുഭവം ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട് അപ്പോ സത്തയ്ക്ക് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഗീതം രണ്ടാം അധ്യായ വിശദമായി ചർച്ച ചെയ്ത എല്ലായിടത്തും സത്വം ഒരുപാട് അതിനൊരു സെന്റിമീറ്റർ ഒരിടത്തും മാറ്റും അതുപോലെ തന്നെ കാലം അതായത് കാലത്ത് ഗുണവും ദോഷമില്ല നല്ല കാലം ചീത്ത ഞാൻ ആവർത്തിച്ചാവർത്തി പറയുന്നത് മറന്നുപോയിട്ടില്ല നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഭൗതികമായി എല്ലാ കാര്യങ്ങളും വ്യാഖ്യാനിക്കാനും കഴിയില്ല അങ്ങനെ സയൻസും അവകാശപ്പെടുന്നുണ്ട് കുറെ കാര്യങ്ങൾ വ്യക്തിക്കുന്നു കുറെ കാര്യങ്ങൾ അറിയില്ല അങ്ങനെ വിടുന്നു എനിക്കറിയില്ലാത്ത കാര്യങ്ങളെ എന്ത് സമ്മതിക്കണം അതിന് അറിവില്ലാതെ എന്ത് സംഭവിക്കുക അതൊരു ദോഷമൊന്നുമില്ല നമ്മളിപ്പോ എന്തിനു സർവജ്ഞനാണോ അതുകൊണ്ടാണ് കാലം ഭാവി മനുഷ്യന് ദുരൂഹമായി ഊഹിക്കാം ദുരൂഹം എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ കഴിയാത്തതെന്നുള്ള അർത്ഥമാണ് ഊഹിക്കാം പക്ഷെ നമ്മുടെ ഊഹം സത്യമായിരിക്കണം നിർബന്ധമൊന്നുമില്ല അൽപ്പസത്യമാകും അൽപ്പസത്യമാകാതിരിക്കും രണ്ട് സംഭവിക്കും എന്തുകൊണ്ട് കാലത്തിന്റെ സവിശേഷം കാലത്തെ നമുക്കങ്ങനെ കടന്നു കയറാൻ പറ്റും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക പ്രപഞ്ചത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നതെല്ലാം നമ്മുടെ അനുഭവത്തിൽ പെടാത്ത ഒരു പ്രപഞ്ചമുണ്ട് അവിടത്തേക്കുള്ള വ്യാഖ്യാനങ്ങളും ഭൗതികമായ വ്യാഖ്യാനങ്ങളൊക്കെ വേറെയാണ് അതിപ്പോ നമ്മളവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത പൗരുഷമാശ്ര അതൊക്കെ പറയുന്നു ശ്രേയസേ നിത്യബാന്ധം തച്ചിത്തം ഇതമ്മ അതുകൊണ്ടെന്തെയ്യോ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ പറയും നിത്യബാന്ധവും പൗരുഷം ശ്രേയസേ തച്ചിത്തം ഏതാതൊരു ഗുരു ഇതം മമ മുക്താവശ്യവും അതുകൊണ്ട് എന്റെ പൗരുഷത്തെ അസ് പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഇച്ഛാസ് മനുഷ്യനങ്ങനെ ഒന്നുണ്ടല്ല ഇച്ഛാസ് ആ ഇച്ഛാസക്തിയെ ആശ്രയിച്ചിട്ട് നല്ല പേരൊന്നുമില്ല മുമ്പോട്ട് നോക്ക പോകുന്നതിനാൽ നമ്മുടെ കൈയിലാകെ കൈമുതലായിട്ടുള്ളത് നമ്മുടെ ഇച്ഛാസക്തിയാണ് ആഗ്രഹിക്കുന്ന വഴി പോകുന്നതിനുള്ള ശക്തി അതിനാശ്രയിച്ചിട്ടില്ല നിത്യബാന്ധവം നിത്യബാന്ധവം എന്ന് പറയുന്നത് പൗരുഷമാവാം അല്ലെങ്കിൽ ചിത്തമാവാം എല്ലാം എന്താ ചോദിക്കുന്നത് ചിത്രം എന്നും ബന്ധുവായിരിക്കും എന്ന് ചോദിച്ചല്ല പക്ഷെ നമുക്ക് ബന്ധുവാക്കൊണ്ട് കണക്കാം നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ ബന്ധുവാണ് ചന്ദ്രൻ നമ്മുടെ അയൽക്കാരനായിരിക്കും നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ അയക്കാർ മനുഷ്യൻ ഉണ്ടായതാകും പോലെ നമ്മള് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് രണ്ടു രണ്ടയാൾക്കാർ സൂര്യനും ചന്ദ്രൻ അവരുടെ വളരെ സഹകരണത്തോടുകൂടിയാണ് മുന്നേ ഇന്ന് അതുപോലെ സഹായത്തോടെ ജീവിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സ് ബന്ധുവാണ് അതിനെ ഏകാഗ്രവും ബന്ധുവാക്കി ഏകാഗ്രപ്പെട്ട ഏകാഗ്രപ്പെട്ടവരുടെ ബന്ധുവാണ് ഏകാഗ്രപ്പെട്ടവരുടെ സത്വമാണ് അവർക്ക് അവർ ചെറിയ വാദയും മനു മനുഷ്യനാണോ ധാരാളം ബന്ധമോക്ഷണം ബന്ധുവാണെങ്കിൽ അത് ബഹായ ശത്രുവായ അത് വിശ എന്തിനാണ് ഏകാഗ്രപ്പെടേണ്ടത് മമുട്ടം സിംഗം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ഏകാഗ്രതയോട് കേൾക്കുക എന്നുള്ളത് ഇപ്പോ പഴയകാലത്തോട്ടിരിക്കഥകളിലൂടെ പറയുക തത്വത്തെ പറയുകയാണ് കഥയും പറയും തത്വവും പറയും അപ്പൊ ഇനി പറയാൻ പോകുന്ന പോലെ കഥകളാണ് ബ്രഹ്മാവസേഷിച്ചു എന്നൊക്കെ പറയുന്ന കഥകൾ കഥയെ കഥയായിട്ട് തന്നെ കണ്ടാൽ മതി അത് ചോദ്യം എന്ന് ചോദിക്കുന്നത് തന്നെ ഇവിടെ പറയുന്ന അത് തത്വത്തെ നമ്മൾ മനസ്സിലാക്കി ഇന്നതാണ് തത്വം അത് മനസ്സിലാക്കുക അവാരനിപാതി മനോരഥം പൗരുഷേണ ഇന്ദ്രിയേണ ആശുസംയ്യ സമതാ എന്തിനു വേണ്ടി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം പറയുന്നു അവാാന്തര നിപാതായി സ്വാരൂഢാനി ഇന്ദ്രിയ ആശുസംയമ്യ മനോരഥം സമതാന അതായത് അവാന്തരമായി പതിച്ചുകൊണ്ടിരിക്കുന്ന അവാന്തരമായി പതിക്കാവുന്ന എന്താണ് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം ഒക്കെ കേൾക്കും നിങ്ങൾ എന്നെ കാണും നിന്നെ മണക്കും നിർണ്ണീക്കും മനസ്സിന്റെ ആഗ്രഹം നശിപ്പിച്ചു കളയുന്നു സ്വാരൂഢാനി മനസ്സാരോടും ജീവിക്കുന്നു മനസ്സ് ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ആശ്രയിക്കും രണ്ടു തരത്തിൽ മനസ്സിന് പ്രമേഹിക്കുന്ന രൂപത്തെ കാണണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ കാണാം ഇന്ദ്രിയങ്ങൾക്ക് രൂപങ്ങളെ കാണണമെങ്കിൽ മനസ്സും കാണാം അപ്പൊ പരസ്പരം ആരൂഢമായിരിക്കുന്നു എന്ന് പറയാം സ്വാരൂഢം മനസ്സ് ആരൂഢം ചെയ്തിരിക്കുന്ന ഇന്ദ്രിയ ഇന്ദ്രിയങ്ങൾ ആരെങ്കിലും ചെയ്തിരിക്കുന്ന മനസ്സ് ഏതായാലും ചെയ്യും അത് അവാന്തരനിപാതീ ഇങ്ങനെ മാറി മാറി വിഷയങ്ങളിൽ പതിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഏതാ കളയുന്നവയാണ് ഏത് ഇന്ദ്രിയാണ് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് മനസ്സിന് ഒരിടത്തും നിർത്താൻ പറ്റുന്നില്ല ശ്രമികോടനെ ശബ്ദം കാണാൻ ആവശ്യമില്ലാത്തതാണ് കണ്ണടച്ചിരിക്കും അപ്പം മനസ്സുകൊണ്ടാണ് മുണക്കുന്നു രുചിക്കുന്ന എല്ലാം അങ്ങനെയുള്ള ഇന്ത്യ പൗരുഷേണ ആശു സംയമന പൗരുഷം കൊണ്ട് സം എന്താണ് സംയമനം ചെയ്തിട്ട് ചീക്രം രണ്ടിടത്ത് കഴിക്കുക അതിന്റെ വരുന്നിടത്ത് കഴിഞ്ഞ് ക്രിയാവിശേഷം അതിന് സമയങ്ങളേണ്ട മനസ്സിന് ഇന്ദ്രിയങ്ങളെ ആകെ സമയങ്ങളിൽ ചെയ്യുക അത് ആണോ ആദ്യം അതുകൊണ്ടില്ലേ നമ്മൾ ധ്യാനിക്കുമ്പോൾ കണ്ണടയ്ക്കണം ഇന്ദ്രിയത്തെ സമയവും ചെയ്യുക പിന്നെ മനസ്സിൻ്റെ സമയം ചെയ്യുക കണ്ണ് തുറന്നിരുന്ന കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ണടയ്ച്ച കുറച്ച് കാണാനില്ല അത്രയും കണ്ണിന്റെ പിടിയിൽ നിന്ന് മോചിതനാകാമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് കഴിഞ്ഞ ഏറ്റവും ആശ്വസമ്മത മനോരഥത്തെ മനസ്സാകുന്ന രഥം മനസ്സിന് രഥമെന്ന് പറയുന്നത് കൊണ്ട് എല്ലാ തരത്തിലുള്ള സങ്കല്പങ്ങളും ഈ മനസ്സാകുന്ന രഥി കയറിനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിന് ചന്തക്കരണം എല്ലാ തരത്തിലുള്ള വൃത്തികളും പ്രവഹിക്കുന്നത് ഇതിലൂടെയാണ് അതുകൊണ്ടാണ് അതിനെ രഥ രഥരൂപകമായി അവർക്ക് രഥത്തിനങ്ങനെയാണോ പരിധി സഞ്ചരിക്കുന്നത് മനസ്സിലെല്ലാം സഞ്ചരിക്കുന്നു സുഖവും ദുഃഖവും കാമങ്ങളും ഉണ്ടാകുന്നു വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ഭാവനകൾ ഇച്ഛ എല്ലാം അങ്ങനെയുള്ള ആ മനസ്സാകുന്ന രഥത്തെ എന്തെയാണ് സമത്താണോ സമതയിലേക്ക് നയിക്കുക സമത എന്ന് പറയുന്നത് എന്താണോ അത് ഭാഷകാരം വ്യാധ്യാനിച്ചിട്ടുണ്ട് ശനി ചൈവർ സുഭാഗേഷ് പണ്ഡിത സമദർശിച്ചു സമോഹിച്ച ബ്രഹ്മം സമദർശിപ്പിച്ച ബ്രഹ്മത്തെ ദർശിക്കുന്നു അപ്പൊ ആ സമതയിലേക്ക് നയിക്കുക ഏകത്വത്തിലേക്ക് നയിക്കുക ബ്രഹ്മതത്വത്തിലേക്ക് നയിക്കുക എന്നാണ് പറയുന്നത് അതിന്റെ ഉപദേശിക്കാൻ പോകുന്നില്ല ബ്രഹ്മത്തെക്കുറിച്ചാണ് ഇഹാമുത്രജസ്ത്യർത്ഥം പുരുഷാർത്ഥ ഫലപ്രദം മൂക്ഷോപായ്മയും വിഷയ സംഹിതം സാര സംഹിതാം ഇഹാമുത്രജ സിദ്ധിയടക്കം ഇഹത്തിലും ഫലത്തിലും ഉള്ള സിദ്ധികൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള വേണ്ടി പുരുഷാർത്ഥ ഫലപ്രദ മോട്ടോ ഉപായമയും സാരനിർമ്മിത സംഹിത മക്ഷി പുരുഷാർത്ഥമാകുന്ന ഫലത്തെ ധർമാർത്ഥ കാമോഹങ്ങൾ നടന്നതായ അതിൽ തന്നെ മോക്ഷ ഉപായും മോക്ഷ ഉപായം പ്രധാനമായിരിക്കുന്ന മയട്ട് പ്രത്യേകം പ്രാചര്യമാണ് അത് മുഖ്യം മോക്ഷം എന്നി പറയാൻ പറ്റില്ല മറ്റ് പുരുഷാർത്ഥങ്ങൾക്ക് സഹായി എല്ലാം സാര നിർമ്മിതം സാരം കൊണ്ട് നിർമ്മിച്ചത് തപ്പുസാര ഇതൊരു പറയുന്ന തത്വത്തിന്റെ സാധാരണ അപ്പം ആവർത്തിച്ച ആവർത്തിച്ച ആവർത്തി എന്ന് പറയുന്നത് ബ്രഹ്മത്തെ കുറിച്ചാണ് അങ്ങനെയുള്ള ഈ സംഹിത വാസ്ഠ സംഹിത സംഹിതാ സാധന ഒരു വിഷയത്തെ വിശദമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം അങ്ങനെയാണ് സംഹിത എന്ന് പറയുന്നത് അതൊരു സത്യമാണ് പ്രത്യേകിച്ച് വാക്കിലൂടെ അർത്ഥത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും ഏതെങ്കിലും ഒരു വിഷയത്തെ വിശദമായി പ്രചോദിച്ച ഒരു മഹാഭാരത സംഹിതെന്ന് പറയും കഥകളുടെ പരമ്പര വിശദീകരിക്കും ഉള്ളൊരു സംഹിതാന്ന് രാമായണത്തെ സംഹിതെന്ന് അതൊക്കെ വളരെ വിശദമായ ഗ്രന്ഥങ്ങളാണ് അങ്ങോട്ട് അപ്പോ പതം തെയും അത് ഞാൻ പറയാൻ പോവുകയാണ് പക്ഷേ ഞാൻ പറയാൻ പോവുകയാണ് ഇനി അത് ശ്രദ്ധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത് ബ്രഹ്മാവ് തുടങ്ങി ബ്രഹ്മാവ് എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അവിടെ എങ്ങനെ വർഷങ്ങൾ സൃഷ്ടിച്ചു സംസാരത്തെ എങ്ങനെ സൃഷ്ടിച്ചു മോക്ഷത്തിന്റെ ഉപായത്തെങ്ങനെ അവതരിപ്പിച്ചു ഇനി ഈ സർഗത്തിന്റെ അവസാനം തരാത പറയുന്നത് അതുകൊണ്ട് ഞാനത് വായിച്ച് വിശദീകരിക്കുകയില്ല കാരണം വായിച്ച് വിശദീകരിക്കാൻ കഴമ്പൊന്നുമില്ല കഥയാണ് പുരാണങ്ങൾ എന്നും പറയുന്നത് ചുരുക്കം ഇത്രയാണ് എന്ന് പറയാ പറയാനേ ഉള്ളൂ ഞാൻ അത് സമയം കളയാവുന്നതാണ് വിശേഷം നമ്മുടെ കഥാഭാഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണെങ്കിൽ അത് ഞാൻ പറയില്ല പക്ഷെ ഇതിന് ചില കഥകൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത കഥകളാണ് ഇല്ല വാശിഷ്ടം വായിച്ചിട്ടില്ലാത്തവർ കേട്ടിട്ടില്ല അത്ര കഥ അത്തരം കഥകൾ ചിലപ്പോ വായിച്ചു പറയേണ്ടി അതിന് ഇവിടെ പറയുന്ന തത്വമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലാത്ത കഥകളൊന്നും വായിച്ചു പറയേണ്ടതായില്ല സമയം ബ്രഹ്മാവ് ഭാരതത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന എന്ന് പറഞ്ഞിട്ട് അർത്ഥമുണ്ടോ അതുകൊണ്ട്